അവർ പുറത്താക്കപ്പെട്ടാൽ ഇവർ അവരോടൊപ്പം പുറത്തു പോകുകയില്ല അവർ യുദ്ധം ചെയ്യപ്പെട്ടാൽ ഇവർ അവരെ സഹായിക്കുകയുമില്ല ഇനി ഇവർ അവരെ സഹായിച്ചാൽ അവർ തീർച്ചയായും പിന്തിരിഞ്ഞോടും പിന്നീട് അവർക്ക് സഹായം ലഭിക്കുകയുമില്ല